പങ്കജാവി ലോചനൻ പദ തളി തോഴന്നേൻ പാലാഴി മകൾ കന്തൻ തീരുമേനി തോഴുന്നേൻ പിച്ചകം തുളസി പന്മണിമാല തോഴന്നേൻ പീലിമാലകൾ ചാത്തം തീരുമൂടി തോഴുന്നേൻ പുഞ്ചിരി തടവീടം തിരുമുഖം തോഴുന്നേൻ പൂമാലമാലർ ചേരും തിരുമാറുതോഴുന്നേൻ പെണ്ണുങ്ങളുടെ വസ്ത്രം കവർന്നോനെ തോഴുന്നേൻ പേശിപ്പാൽ തായിർവെണ്ണ പൂജിച്ചോനെ തോഴുന്നേൻ പൈതലൈവാളന്ന ഗോകുലനാഥ തോഴുന്നേൻ പൊന്നിൻ ഗംഗണന്നല്ലോരഞ്ഞാണും തോഴുന്നേൻ പോരിൽ മല്ലരെ തല്ലേ വാധിച്ചോനെ തോഴുന്നേൻ പാലാഴിയാതിൽ വാഴും ഭാഗവാനെ തോഴുന്നേൻ വന്നോരു ദൂരിതങ്ങൾ പോവാനായി തോഴുന്നേൻ അടിയുന്നോ മുടിയോളം ഉടൽ കണ്ടു തോഴുന്നേൻ അഴകോടെ ഗുരുവായോർ മുകുന്ദനെ തോഴുന്നേൻ